വിശ്വസിച്ചവരുടെ രക്ഷാധികാരി അള്ളാഹു സുബഹാനഹുവല ആകുന്നു അവനവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ താഗൂത്തുകളാണ് അവർ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്ക് നയിക്കുന്നു അവർ നരകവാസികളാണ് അവർ അവിടെ എന്നെന്നും വസിക്കുന്നവരുമാണ്